അതിനാൽ നിങ്ങൾക്ക് കഴിയുന്നത്ര അള്ളാഹുസുബഹാനഭൂവ ചായാലയെ ഭയപ്പെടുക നിങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക നിങ്ങളുടെ നന്മയ്ക്കായി ചെലവഴിക്കുകയും ചെയ്യുക ആർക്കു തൻറെ മനസ്സിന്റെ പിശുക്കിനെ അതിജീവിക്കാൻ കഴിയുന്നുവോ അവരാണ് വിജയികൾ